താ ജയുക്തി സംസാരമാധി തണീം ശവഹം ബുദ്ധ്യ ആവഹിതയാ തയ സംസാരം ബോധിതാരവി താമും ജാനേകി തും ആവഹിതഹത് നിത്യവഹിതയാ അയാക്ഷാ സുരോഷു സംസാരം ബോധിതാരവി സംസാര സുന്ദരത തനം ജയനരായ സ്മാം ജാനാം താമും ജാനേകി തും പലതവണ പറഞ്ഞതായി ഈ ജ്ഞാനയുക്തിയെ കാരണം നേരത്തെ ജ്ഞാനയുക്തിപ്ലവയാണ് ഈ ജ്ഞാനയുക്തിയെ നിത്യാഥയു നിത്യകാഗ്രതയുള്ള ആഹിതമായി ഏകാഗ്രതയുള്ളതായ ആ ബുദ്ധിമുട്ട് ആഭ്യന്തരമായി ഏകാഗ്രതയുള്ളവനായി ശ്രീ വിഷ്വാ കേൾക്കൂ ഞാൻ യുക്തി കൊണ്ടാണ് സംസാര സമുദ്രത്തെ തരണം ചെയ്യേണ്ടത് നീ വളരെ ഏകാഗ്രതയുള്ളവനാണ് അതുകൊണ്ട് നീ ഏകാഗ്രതയോടുകൂടി തന്നെ അവരെ കേൾക്കുക എന്റെ ഉപദേശിച്ചു യമാനന്തരംഭാ ജാഗത്തോ ദുഃഖഭീതയ ചിരാർന്യേതം യുക്തി അനന്തസസംരംഭാ ജാഗത്തുഭീതയഹി തസ് ശീതവാത ആതപാദീ ദുഃഖാതി രാഘവ ജ്ഞാനശക്തി വിനാ കേനസഹ്യതാമ്യാന് വി സാദൃഷം ശീതം ഭാഗം ആദവം തുടങ്ങിയ ദന്തദുഃഖങ്ങൾ ദന്തദുഃഖാനി ഹേ രാഘവ ജ്ഞാനശക്തി വിനാ ജ്ഞാനശക്തി കൂടാതെ സാദൃഷം സാധുക്കളിൽ കേന സഹ്യതാമ്യാങ്കിൽ ആർക്കാ സഹിക്കാൻ കഴിയുന്നത് ഇവിടെ പറഞ്ഞ ജ്ഞാനശക്തി പറഞ്ഞത് യുക്തി അങ്ങനെ മുമ്പ് പറഞ്ഞ ജ്ഞാനയുക്തി ജ്ഞാനയുക്തിപ്ലവേദം എന്നല്ലോധി എന്ന് പറയുന്നത് ദുഃഖം ജീവിതത്തിലെ വൈഷമ്യങ്ങളെല്ലാം ചേർത്തിട്ടാണ് പറയുന്നത് സംസാരബോധി അതിനകത്തെല്ലാം ചെയ്യണം വാസഷ്ടത്തിന് അതിനെ ജീവിച്ചിരിക്കുമ്പോൾ തരണം ചെയ്യുന്നത് ഭരണത്തോടുകൂടി തരണം ചെയ്യുന്ന രണ്ടു കാര്യം പറയുന്നു അതിലൂടെ പ്രധാനമായും ആശ്രയി ബുദ്ധിയാണ് ആ ബുദ്ധി എന്ന് പറയുന്നത് പറഞ്ഞു ജ്ഞാനയുക്തിയാണ് ജ്ഞാനയുക്തികളെ കൊണ്ട് തരണം ചെയ്യും അതുകൊണ്ടാണ് നെയ്യ് ഈ പ്രപഞ്ചത്തിലെ അനന്ത സംരംഭ ജാഗത്യഹ ദുഃഖഭീത അനന്ത സംരംഭം എന്ന് പറഞ്ഞാൽ നാനാ സ്വഭാവത്തോടുകൂടിയ നാനാ തരത്തിലുള്ള ജാഗത്യ ദുഃഖവും ഭയവും അല്ല ദുഃഖത്തിന്റെയും ഭയത്തിന്റെയും നിമിത്തങ്ങൾ നാനാരൂപത്തിലാണ് അതുകൊണ്ടാണ് നാനാ മനുഷ്യൻ നിരന്തരം നേരിട്ടുകൊണ്ടിരിക്കുന്നതാണ് ഇവയൊക്കെ ദുഃഖിക്കാനും ഒരുപാട് യുദ്ധങ്ങൾ ഭയപ്പെടാനും ഒരുപാട് നീഴുത്ത കൊണ്ട് അത് വാസ്തവമാണ് അതെന്താണ് ചുരായ അന്തർദഹന്തി അവന്റെ ഉള്ളില്ലാതെ പോലും അവനെ ദഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ദുഃഖവും ഭയവും എല്ലാം അതിനെ വിനാ യുക്തി മനന്തി യുക്തി ണം ചെയ്യാൻ കഴിയില്ല പൊതുവെയാലും പറയുന്നു സീതാത സീതാതീന് ദ്വന്വ ദുഃഖങ്ങളെന്ന് പൊതുവെ പറയും വീതിന് നിരന്തരം ചർച്ച ചെയ്യുന്നതിന് ദന്വത്തെ കുറിച്ചാണ് അത് പ്രധാനമായും വരുന്നത് എന്താണ് സീതം വാദം ആദം തണുപ്പ് ചൂട് കാറ്റ് മനുഷ്യന്റെ പഴയകാലത്ത് ഇതൊക്കെ എഴുതുന്ന കാലം ഇതൊക്കെ ചരിത്ര പശ്ചാത്തല കൂടെ മനസ്സിലാക്കിയാലേ ഇന്ന് നമുക്കിവിടെ ചിന്തിക്കുമ്പോ ശരിക്കും മനസ്സിലാവത്ത അന്ന് മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുന്ന് പറയുന്ന പ്രകൃതി തന്നെയാണ് പ്രകൃതിയെ ശത്രുവായി കണ്ടുകൊണ്ടാണ് ഇതെല്ലാം പറയുന്നത് ഇതിനേക്ക് സഹിക്കണം അത് സഹിക്കാൻ ജ്ഞാനശക്തി കൊണ്ട് സഹിക്കുന്നു നമ്മളൊരു കാര്യം സഹിക്കേണ്ടി വരുന്ന എപ്പോഴാണ് സഹിക്കേണ്ടി വരും അപമാനം സഹിക്കേണ്ടി വരും എന്ന് പറയുന്നു അത് ശരിയാണ് നേരെ ഉപായങ്ങളില്ലാതെ വരുമ്പോൾ അത് സഹിക്കേണ്ടി വരും കേട്ടില്ല ആ അതിജീവനത്തിന് വേണ്ടി അവ സഹിക്കുന്നു ഒന്ന് സഹിക്കേണ്ടി വരിക എന്ന് പറയുന്നത് അതില് നമ്മള് നേരിടേണ്ടി വരുമ്പോഴാണ് അത് സഹിക്കേണ്ടി വരുക അധ്യാത്മിക ശാസ്ത്രത്തിലെല്ലാം ആ കാര്യത്തെ നമ്മൾ നേരിടേണ്ടി വരും നേരിടാൻ നേരിടേണ്ട ഒരു അവസരം അതിനെ പിന്നെ സഹിക്കേണ്ട ആവശ്യമില്ല ഒരു വിഷയമേ നേരിടേണ്ടി വരുമ്പം പ്രത്യേകിച്ച് പ്രകൃതി സംബന്ധിയായിട്ട് ഇവിടെ പറഞ്ഞ് ജാഗത്യ ജഗത്തിനെ പ്രപഞ്ചത്തിൽ നിന്നുണ്ടാകുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പ്രധാനമായിട്ടും ഇവിടെ പറയുന്നത് മറ്റു മാനാഭിമാനങ്ങളൊക്കെ വരും ഇപ്പൊ നമ്മളിവിടെ തന്നെ ഇരിക്കുകയും ഞാൻ ഇവിടെ സംസാരിക്കുന്നു നല്ല കടലിൽ നിന്ന് വരുന്ന തണുത്ത കാറ്റിനെ പ്രതിരോധിക്കുന്നതിന് നല്ലൊരു സംവിധാനങ്ങളാണ് ഇവിടെ അതിനെ സഹിക്കാതെ പറയാൻ പറ്റുന്നത് മറിച്ച് കടൽ തീരെ തണുക്ക പോയിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സഹിക്ക ശേഷിയുള്ള ഒരു നാളെ എനിക്ക് പറ്റത്തില്ല എന്റെ ആരോഗ്യം അതിനനുവദിക്കില്ല അപ്പൊ അത് സഹിക്കേണ്ടി വരും രണ്ടു ജോലിയാണോ പിന്നെ ചിന്തിക്കുക പറയുക അത് പ്രാപ്തമാവുമ്പോൾ സഹിക്കേണ്ടി വരും ഇപ്പൊ പ്രാപ്തമുണ്ട് അതുകൊണ്ട് എനിക്ക് അത് സഹിക്കേണ്ട ആവശ്യ സ്വസ്ഥത മനസ്സിനും ഗീത പ്രദേശം ദുഃഖേഷു ദുഃഖേഷും അനുദിഗ്നമനാന്ന് പറഞ്ഞ എന്താർത്ഥം ദുഃഖം ഇല്ലാത്തപ്പം മനസ്സിലാകാതിരിക്കണമെന്നല്ല ഭയമില്ലാതിരിക്കണം ഉദ്വിഗ്നമാകാതിരിക്കണമെന്നും ദുഃഖം വന്നു കഴിയും ദുഃഖം വന്നുകഴിയുമ്പോ അതിനെ നേരിടുന്നതാണ് സഹനം നമ്മള് സഹനം സർവ്വദുഃഖാനും ഇതിവിടെ നിരന്തരം പറഞ്ഞുകൊണ്ടേ ഇപ്പൊ ഞാൻ പറയുന്ന എൻ്റെ ഒരു ആമുഖമായിട്ടാണ് എപ്പോഴിത് വീണ്ടും ആവർത്തിച്ചു പറയത്തില്ല ഇനി ഇത് വന്നു കഴിഞ്ഞാൽ ഞാൻ ആ ഭാഗമൊക്കെ വിട്ടിട്ടതും പൊട്ടും ഇവിടേതാവർത്തി അപ്പോ പ്രകൃതിയാണ് ഇവിടെ വലിയ ശത്രുവായി കാണുന്നത് പ്രകൃതി എന്തുകൊണ്ട് ശത്രുവായി കാണുന്നവര് പഴയകാലത്ത് കഴിയുന്ന ആ ഒരു കാലഘട്ടത്തിൽ പ്രകൃതിയെ മെരുക്കുന്നതിനും പ്രകൃതിയെ പ്രതിരോധിക്കുന്നവരും വേണ്ട ബുദ്ധിയോ കഴിവോ മനുഷ്യനും വേണ്ടത്ര ഉണ്ടായിരുന്നില്ല ഇന്നുള്ളതുപോലെ ഉണ്ടായിരുന്നില്ല ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ അപൂർവം ചില വ്യക്തികളുടെ കയ്യിലിരുന്നു ഇന്നിപ്പോ നമ്മളെല്ലാം ഇതുപോലൊരു ഉറപ്പുള്ള വീടുണ്ടാക്കിയതിൻ്റെ ആകത്തിരിക്കുന്നു ഇതൊക്കെ എഴുതി വേറെ എത്ര പേർ വിരിക്കാൻ പറ്റും വല്ല രാജാക്കന്മാർക്കോ പ്രമുഖന്മാർക്കോ എല്ലാം കഴിഞ്ഞു സാധാരണ മനുഷ്യരുമ്പോൾ കഴിയത്തില്ല എല്ലാവരും സഹിക്കരുത് അവിടെയൊന്നും സഹിക്കേണ്ടി വരുന്നു പ്രകൃതിയെ നിരോധിക്കാനും പ്രതിരോധിക്കാനും മെരുക്കാനും കഴിയാതെ വരും എല്ലാം സഹിക്കേണ്ടി വരും ഈ ശാസ്ത്രങ്ങളിലൊക്കെ കഴിഞ്ഞ് വയ്ക്കും എന്താണ് ക്ഷുപ്തി പാസ് സഹിക്കണം വിശപ്പിൻ താവും സഹിക്കണം ഇന്ന് ചുരുങ്ങിയ പക്ഷം നമ്മുടെ സാഹചര്യങ്ങളുണ്ടെങ്കിലും വിശപ്പും താവുക അറിയുന്ന കുട്ടികളൊക്കെ ലോകത്തുണ്ട് പലയിടത്തും പക്ഷെ വലിയൊരു വിഭാഗം അതിൽ നിന്ന് മോചനം നേടി വരികയാണ് ഇന്ന് ഇന്ത്യയിൽ എൺപത് കോടി ആൾക്കാർക്ക് റേഷൻ കൊടുക്കുന്നു അപ്പൊ എന്തായാലും അത്യാവശ്യം ഭക്ഷണം കിട്ടുന്നുണ്ടല്ലോ അപ്പൊ അത്രയും പേർക്ക് അവിടെ ദാരിദ്ര്യം ഉണ്ട് അല്ലെങ്കിൽ പിന്നെ കൊടുക്കേണ്ട ആവശ്യമുണ്ട് സൗജന്യ ഭക്ഷണം കൊടുക്കുന്നു നിങ്ങൾ ദാനം കൊടുക്കുന്നോ അവിടെ ദാരിദ്ര്യം ദാരിദ്ര്യമില്ലെങ്കിൽ പിന്നെ ദാനത്തിനു വേണ്ടി കഴിഞ്ഞൂട്ടുന്നത് അത്യന്ത ലോഭമുള്ളവരായിരിക്കും സാധാരണ മനുഷ്യനത് ചെയ്തില്ല അപ്പോ സാധാരണ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വിശപ്പ് എന്താഘാ മനുഷ്യന് മനസ്സിലാകത്തില്ല കേരളത്തിലൊരു നൂറ് കൊല്ലം മുമ്പ് അങ്ങനെയല്ല മിക്കവാറും തൊണ്ണൂറ് ശതമാനത്തിൽ മനസ്സിലാവും ഒമ്പത് വെള്ളം മുമ്പ് വരെ തന്നെ സ്കൂളിൽ പോകുന്ന പാൽപ്പൊടി കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കുട്ടികളുടെ ഗ്രാമങ്ങളിൽ അന്ന് ആൾക്കാർക്കറിയാം എന്താണ് വിശപ്പ ദാഹം എന്നുള്ളത് ചെറിയ കാലത്തിൽ അത് സ്വീകരിച്ചു വരും ഇന്നതൊന്നും അറിയാൻ പറ്റില്ല ഇന്ന് ചെറിയ എവിടെ ആയാലും ശരി വീട് വലുതായാലും ചെറുതായാലും കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ അവർ ടിഫിനും അപ്പൊ അവരോട് അങ്ങനെയുള്ള ഒരു ആൾക്കാരോടൊന്ന് എന്താണ് വിശപ്പും സഹിക്കണമെന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകില്ല എന്തിനാ സഹിക്കുന്ന ഭക്ഷണം ഉണ്ടല്ലോ എങ്കിലും ആഫ്രിക്കയിലേക്ക് പോയി പറഞ്ഞാൽ അവിടെ മനസ്സിലാവും അതിങ്കെവിടെയാണ് വിശപ്പുള്ളത് അവിടെ നമ്മൾ എവിടെയെന്നും പറഞ്ഞാൽ അത് മനസ്സിലാവുക അതുകൊണ്ട് മനുഷ്യർ ഒരുപാട് പുരോഗമിച്ചു ഇപ്പൊ പ്രകൃതിയെ പ്രതിരോധിക്കാൻ കഴിഞ്ഞാൽ പിന്നെ അവിടെ സഹനത്തിന്റെ ആവശ്യമില്ല ആ കാര്യങ്ങൾ പിന്നെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയാത്തത് പിന്നും ബാക്കി ഉണ്ടായിരുന്നു വീണ്ടും നമുക്ക് പ്രതിരോധിക്കാൻ കഴിയാത്തത് അത് സഹിച്ചാൽ എല്ലാം സഹിക്കുന്ന കാര്യമില്ല ഇപ്പൊ ചൂടും തണുപ്പും സഹിക്കണമെന്നാണ് ഇവിടെ പറയുന്നത് എന്താണ് സീതവാദ പാതവാദി തണുപ്പ് വന്നു കഴിഞ്ഞാൽ ചൂടുള്ള അവസരം ഇന്ന് തണുപ്പ് ദേശത്തുള്ളവരെ ചെയ്യും അവര് വീട് തന്നെ ഹീറ്റ് ചെയ്യും യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ ഹീറ്റ് ചെയ്യും പിന്നെ എന്തിനാ സഹിക്കുന്നത് അതും വിട്ട് പുറത്തു പോകുമ്പോഴാണ് സഹനം അപ്പൊ നല്ല ചൂടുള്ള വസ്ത്രങ്ങൾ ധരിക്കും ഇങ്ങനെയൊന്നും മനുഷ്യന് ചിന്തിക്കാൻ കഴിയാത്ത ഒരു കാലത്താണ് ഇതൊക്കെ എഴുതുന്നത് അപ്പൊ എന്ത ചെയ്യുക പ്രാഥമിക സൗകര്യങ്ങളും അപ്പൊ മനുഷ്യന് പ്രകൃതിയെ തന്നെ ജീവിക്കേണ്ടി വരും സഹിക്കുക സഹിക്കുക സഹിക്കുക ആൾക്കാർ ധരിക്കുന്ന എന്താണ് പഴയ കാലത്തുള്ള ആൾക്കാർക്ക് സുഖമായി ജീവിച്ചു അവർ പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചു പരമാബദ്ധമാണ് അവര് പ്രകൃതിയെ കൊണ്ട് പൊറുതിമുട്ടിയാ ജീവിച്ചു അതുകൊണ്ടാണ് ഈ സഹിക്കുക സഹിക്കുക എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രകൃതി എന്ന് പറയുന്നത് പഴയ മനുഷ്യന്റെ ആയുസിനെയും ആരോഗ്യത്തെയും എല്ലാം നശിപ്പിച്ചുകൊണ്ടിരുന്നു അതുകൊണ്ട് മനുഷ്യന്റെ ആയുർദ്ദൈർഘ്യം തന്നെ കുറവായത് അപ്പൊ ആ കാലത്തിലാണ് എഴുതി വെച്ചത് ഇത് എല്ലാം ഇന്ന് അതുപോലെ എടുക്കേണ്ട കാര്യമൊന്നും ചെയ്തു വാതു പോകുന്നു സഹിക്കേണ്ട വാശി പിടിച്ച് സഹിക്കേണ്ട ആവശ്യങ്ങളൊന്നും അതിനുള്ള പ്രതിരോധ സംവിധാനങ്ങൾ സ്വീകരിച്ചിട്ട് സ്വസ്ഥമായിട്ടിരുന്നിട്ട് ധ്യാനിക്കുകയോ ജവിക്കുകയോ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും അതുകൊണ്ട് പുസ്തകത്തിൽ എഴുതിയിരുന്നത് അതുകൊണ്ട് തണുപ്പത്ത് പോയിരുന്നു പ്രാർത്ഥിച്ചുകളെയാണ് ജയിച്ചു കളയാണ് എന്നൊക്കെ തരുന്ന മൂടന്മാരുടെ ഇരുന്നുകൊണ്ടാണ് ഞാനിത് അങ്ങനെ നിന്നും ആരും ഇല്ല ഇന്നലെ ഞാനും ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ വന്നൊരു വലിയ വാർത്ത വായിച്ചു കുംഭമേളയെക്കുറിച്ച് എഴുതിയിരിക്കുകയാണ് അതും അതിൽ ഇന്നും മനുഷ്യരെ എങ്ങനെ ബുദ്ധികളാക്കുന്നു ജനങ്ങളെങ്ങനെ കുട്ടികളാകുന്നു കുറച്ചുകാലം അവിടെ അവളെ കണ്ട അനുഭവം വെച്ച് എനിക്കറിയാം കുംഭമേള കണ്ടിട്ടു പോകുന്ന ഞാൻ പറയുന്ന കാര്യം മനസ്സിലാക്കാം എഴുതിയിരിക്കുന്ന എന്താണ് ഹിമാലയത്തിന്റെ മുഖാന്തരങ്ങളിൽ കഠിനമായ തപസ്സുകൾ ചെയ്തിരിക്കുന്ന സ്വാമിമാരും കുംഭമേള പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ ഇവിടെ വരും അവർ ഇതിർന്ന രീതിയിലാണ് നഗ്നരായിട്ട് വന്നിട്ട് ഈ കുംഭമേളയിൽ വന്ന് പൊളിച്ചിട്ട് വീണ്ടും അവര് എവിടെയോ പോയി പറയുന്നു എന്നായിരിക്കും എവിടെയോ പോയി പറയുന്നു നഗ്നരായി എല്ലാം തപസ്സികളാണ് ഈ പറയുന്നതിൽ ഈ വരുന്നതിന് ഒരുത്തം പോലും ഈ പറയുന്നോണ്ട് ഒറ്റ ഒരുത്തൻ പോലും ഇന്ന് ഹിമാലയത്തിലെ ഗുഹയിലെ ആൾക്കാർ ഭേദപ്പെട്ട സൗകര്യത്തിൽ തന്നെ ഇരിക്കുന്നു ഇന്ന് ഗുഹയിലിരിക്കുന്ന എല്ലാവർക്കും റേഷൻ കാർഡുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പോയി നോക്കി ഏതെങ്കിലും ഒരു ഗുഹയിൽ പോയി നോക്കുക റേഷൻ കാർഡ് ഇല്ലാത്ത ഗ്യാസ് കണക്ഷൻ ഇല്ലാത്ത ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും ഗുഹയിൽക്കുണ്ടോ എന്ന് നോക്കുക ഇനി ഏതെങ്കിലും ഒരാൾ ഇരിക്കുമെന്ന് ഏ ആ കുറച്ച് അഭിനവർക്കായിരിക്കും ബാക്കി എല്ലാ ഗുഹകളിലും ഇന്ന് ഗ്യാസ് കണക്ഷനും അത് കറണ്ട് ചെലപ്പോ കാണത്തില്ല കറണ്ടില്ലാത്ത ഗുഹകളിലൊക്കെ സോളാർ ലൈറ്റ് ആയിരിക്കും സോളാർ ലൈറ്റ് സംവിധാന ഹിമാലയം മുഴുവൻ അങ്ങനെയുണ്ട് എല്ലാവരും തുണി ഉടുത്തുകൊണ്ട് തന്നെ ഇരിക്കുന്നു നല്ല കമ്പടിയെല്ലാം ധരിച്ചു തന്നെ എല്ലാ അബ്നോർമലായ ആൾക്കാർ കുറച്ചിങ്ങനെയൊക്കെ കാണിക്കും നമ്മളല്ലാതെ ഗുഹയിലെ വലിയ സൗകര്യമാണ് എന്തായിട്ടും സോളർ ഇവിടെ കിട്ടുന്നു കിട്ടിയത് എന്നിട്ട് കുംഭമേഖല സമയമാകുമ്പം ഇവരെല്ലാം ഹരിദ്വാറിൽ എവിടെയാണോ അവിടുത്തെ ആശ്രമങ്ങളിൽ വന്നു ചേരും ആശ്രമങ്ങളിലുള്ളവരുടെ ഒരു കാര്യം എന്നിട്ട് കഥകളിക്ക് വേഷം മാറ്റുകയുള്ളു കഥകളിക്ക് വേഷം നിങ്ങൾ കണ്ടിട്ടുണ്ടോ പദ്യപാടാണ് എണ്ണയെ കേട്ടിട്ടൊക്കെ പിടിപ്പിച്ചിട്ട് പിന്നെ എല്ലാം വൈകുന്നത് ഇവരുടെ ഈ വേഷങ്ങളെല്ലാം അഴിച്ചു മാറ്റിയിട്ട് ദേഹം മുഴുവൻ ചാരം പൂച്ചി മുഖത്ത് കുറച്ച് കമാൻഡോകളൊക്കെ കുറെ കുറെ വരകളൊക്കെ വരച്ച് എന്നിട്ട് ഈ വരുന്ന ഭക്തന്മാർ ഈ ആശ്രമങ്ങളിൽ വരുന്നവരാണ് അവർ കണ്ടാ തിരിച്ചറിയത് അതിനാണീ വേഷപ്പകർച്ച ഒരു കുറുമേ പിന്നെ ഞാനും പ്രജ്ഞാനന്ദ സ്വാമിമാരുന്നവരും കൂടെ ഭയങ്കര തിരക്കാണോ ഞങ്ങളൊരു വലിയ മതന്റെ മേടിക്കായിരിക്കും ഈ ഘോഷയാത്ര കാണാൻ എന്താണ് ജീവിതത്തിൽ വല്ലപ്പോഴല്ലേ കൊണ്ട് ഈ നന്ദിനരായ മനുഷ്യരെ കാണാനൊരവസരം നൂറുകൾ പോവുകയാണ് എന്താണെന്നു അറിയണമല്ലോ അപ്പോ ഞങ്ങളീ മതിലിന്റെ മേനിക്കാരെ ഇരിക്കണം മറ്റാൾ കൂടെ ഇങ്ങനെ പോകും നോക്കി നോക്കുമ്പോ എന്താണ് ഞങ്ങൾ ഹരിദ്വാറിലൊക്കെ സ്ഥിരം കാണുന്ന ആൾക്കാരെ പക്ഷെ പുതിയൊരു രൂപമാണ് ദേഹാമ്പ കനമുടിയിൽ ഈ ബസുംബാരത്തെ വെച്ച് അതിനെ ജട പോലെ ചെറുകി ചൂടം ഇതൊക്കെ വാടകയ്ക്കാണ് ഇതൊക്കെ ഇതൊക്കെ എടുത്ത് ഇങ്ങനെ പോവുകയാണ് മൊത്തം ഒരു തട്ടിപ്പാണിത് അപ്പൊ ഞങ്ങള് നോക്കിയപ്പോ പരിചയമുള്ള അപ്പൊ ഞങ്ങൾ മതിരെയോ ഇശ്വശൂന്നാണ് ഈ പോകുന്ന ആൾക്കാർ ഒരു പരിചയവും നോക്കുക കേട്ടിട്ടോ കണ്ടിട്ടോ ഇല്ലാത്ത നേരെ മുമ്പോട്ട് നോക്കി നിർവ്യൽപ്പ സമാധിയിൽ ഇങ്ങനെ നടന്നിങ്ങാണ് ഇതാണ് കുടുംബം വേണ്ടത് വേണമെങ്കിൽ നിങ്ങൾ പോയി കാണി രസകരമായ ഒരു കാര്യം എന്ന് വെച്ചാ ഇത്രയും ആൾക്കാർ പോകുമ്പോഴേ ഈ ഗുഹയിൽ ഇരിക്കുന്ന സ്വാമിമാരെ കാണാൻ രണ്ട് സൈഡിൽ സ്ത്രീകൾ വന്നു എന്ന് ഇങ്ങനെ തൊഴിലുകയാണ് അനുഗ്രഹം വന്നു സ്ത്രീകൾ എന്തായാലും അവര് അവര് നല്ല വിശ്വാസത്തിലും ഭക്തിയിലുമാണ് പക്ഷെ ഇതിന്റെ തട്ടിപ്പ് അവർക്കറിയില്ലല്ലോ തുണി കൊടുത്തോണ്ട് ഉണങ്ങുന്നവര് തന്നെയാണ് ഈ രണ്ടൂന്ന് ദിവസം കൊണ്ട് സ്പെഷ്യൽ കുളിപ്പ് അമൃതം വീണ ദിവസം അവിടെ കുളിക്കാൻ വേണ്ടി വരുന്നത് വലിയ ആൾക്കാർ തന്നെ അല്ലാതെയുള്ള ആൾക്കാരൊക്കെ നമുക്ക് ഇങ്ങനെ ഇത് പത്രത്തിൽ വിജയിക്കുന്നത് എത്ര പേര് വായിച്ചിട്ട് വിശ്വസിക്കുന്നു എന്നുവെച്ചാൽ ഞാൻ ഈ പറഞ്ഞ എന്തിനാണ് ഇന്ന് ഈ ചെയ്തു ആദ്യം പോലും ആരും സഹിക്കുന്നില്ല എല്ലാ കാര്യത്തിലും പ്രതിരോധ സംവിധാനങ്ങളിൽ തന്നെയാണ് ഈ എവിടെ താമസിച്ചാലും ശരി ഹിമാലയയിലെവിടെ താമസിച്ചാലും പിന്നെ ഞാൻ ഈ തിബത്തിലൊക്കെ പോയി കഴിഞ്ഞപ്പോ അവിടെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം മനസ്സിലായത് അവര് അവരുടെ സ്കിന്നു തന്നെ നമ്മുടെ സ്കിന്നു വരെ തന്നെ അവിടെ സ്കിന്ന് അവിടെ ഒരു മൃഗമുണ്ട് യാത്ര എന്ന് പറഞ്ഞൊരു മൃഗമുണ്ട് താഴ്വട്ടില്ല അവിടെയുള്ളൂ അതിന്റെ തൊലി പോലെയാണ് അതായത് കണ്ടാമൃഗത്തിന്റെ തൊലി പോലെ എന്ന് പറയാം ആ തൊലിയുടെ കളർ തന്നെ മാറി കട്ടി പിടിച്ചു കാരണം അവിടുത്തെ തണുപ്പ് അടിച്ചടിച്ചടിച്ച് അവരുടെ ശരീരത്തിന്റെ രൂപം തന്നെ മാറി നമ്മളെപ്പോലുള്ള സ്കില്ലല്ല അവര് വലിയ ഡ്രസ്സൊന്നും ഇല്ലാതെ അവിടുത്തെ മിനിമം ഡ്രസ്സ് ഡ്രസ്സില്ലാതെ ചൂടുള്ള അസുഖം കണ്ടിട്ടുണ്ട് മിനിമം ഡ്രസ്സ് അവിടെ കാണും നമ്മളൊക്കെ ആണെങ്കിൽ അരയടി ഖനത്തിലാണ് കമ്പിളി ഒന്നിന്റെ മേളിൽ ഒന്നിന്റെ മേളിൽ ഇട്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല അവര് മിനിമം ഡ്രസ്സി പരിചയമാണ് അവർ സഹിക്കേണ്ട ആവശ്യമില്ല ചില പരിചയമായി കഴിഞ്ഞാൽ സഹിക്കേണ്ട കാര്യമാണ് അങ്ങനെയുള്ള പ്രതികൂല കാലാവസ്ഥയിൽ തന്നെ ധ്രുവ അവർക്കത് അവരുടെ ജീവിതം അങ്ങനെയാണ് അവർക്ക് അവിടുത്തെ ഒരു മിനിമം ഡ്രസ്സുണ്ട് അതുകൊണ്ട് അവരവിടെ ജീവിക്കും ഇവിടുന്ന് ചെല്ലുന്നവർക്ക് അത് പറ്റത്തില്ല അവർക്ക് സഹനത്തിന്റെ ആവശ്യമില്ല പഴയകാലത്ത് അങ്ങനല്ല ആ മനുഷ്യൻ തുറന്ന ഈ പ്രകൃതിയിൽ ജീവിച്ചപ്പോ അവനും ഇതൊക്കെ അസഹനീയമായി തോന്നി ജീവിക്കാൻ ബുദ്ധിമുട്ടായി തോന്നി മരിച്ചിരുന്ന് ചൂടും തണുപ്പും ഒക്കെ ഇന്ന് ക്രമേണ ക്രമേണ ക്രമേണ മനുഷ്യരൊക്കെ മാറ്റിയെടുത്താണ് സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിക്കുന്നത് നിങ്ങള് ഗുജറാത്ത് രാജസ്ഥാൻ മധ്യപ്രദേശ് അവിടെയൊക്കെ യാത്ര ഒരു സംഭവം കാണാം പഴയകാലം ചൂട് വന്നുകഴിഞ്ഞാൽ നമ്മള് ഫാൻ ഉപയോഗി എ സി ചൂട് സൈക്കിളിന്റെ കാര്യമുണ്ട് അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കാണുന്ന ഒരു കാഴ്ച വലിയ കിണറുകൾ അതെന്തോ പേര് പറയും ഞാൻ മറന്നുപോയി വലിയ അതികണ്ടും ഈ കട്ടത്തിന്റെ അത്രയും വെരുപ്പുള്ള കിണറുകൾ അതിന്റെ സൈഡിൽ വളരെ ആഴമുള്ള കിണറുകൾ അതിന്റെ സൈഡുകളിൽ ധാരാളം മുറികൾ ഇതേ പ്രഭുക്കന്മാരും രാജാക്കന്മാരും ഉണ്ടാക്കിയിട്ടിരിക്കുന്നതാണ് താഴെ ഇത് ഭൂമിക്ക് ഒരുപാട് ഒരു സ്ഥലത്ത് ഞാൻ ഇറങ്ങിയും കണ്ടിട്ടുണ്ട് ആ മുറികളിൽ അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എല്ലാ മണ്ണിന്റെ നടുക്ക് വെള്ളവിടെ ഒരു തണുപ്പായിരിക്കുമോ ഓഹിക്കുന്നു ചൂടുകാലത്ത് തന്നെ ഞമ്മ ചൂടുകാലത്ത് തണുപ്പായി ഇങ്ങനെയൊക്കെയാണ് പഴയകാലത്ത് മനുഷ്യ അതിജീവിച്ചത് ഭൂമിക്ക് അടിയിട്ട് വീടുണ്ടായി അതിജീവിച്ചത് പക്ഷെ അത് സാധാരണ കാല സന്യാസിമാരെ കേൾക്കാൻ വന്നു അവര് ഇങ്ങനെ അരഞ്ഞടൊക്കെയുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം സഹിക്കു അപ്പൊ സഹിച്ച് സഹിച്ചവർ മരിക്കും ജീവിച്ചിരിക്കുന്നിടത്തോളം കാണും സഹിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് എന്താണ് സഹനം സഹനം എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ പ്രകൃതിയെ സഹിക്കുക എന്ന് പറയുന്നത് ഇന്ന് വലിയ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമുണ്ട് ഇന്ന് മനുഷ്യന്റെ പ്രതിരോധ സംവിധാനങ്ങൾ സ്വീകരിച്ച മലപ്പൂർവം ചൂടിലും തണുപ്പിലും പോയി അല്ലെങ്കിൽ ബോധമില്ലാതെ വിവരമില്ലാതെ പോയിട്ട് രണ്ടുതരത്തിൽ സംഭവിക്കുക നമ്മളത് ചൂടും തണുപ്പ് സഹിക്കാൻ പോയിട്ട് വിവരമില്ലാതെ വിവരക്കെ ഇടുവുണ്ട് അറിവില്ലായ്മ മൂട പോയി സഹിച്ചിട്ടുണ്ട് ഈ പുസ്തകം വായിച്ചിട്ട് ചിലരങ്ങനെ ബോധമോറും പോയി സഹിക്കും ഗംഗയിലൊക്കെ പോയി തണുത്ത വെള്ളത്തില് അരക്കൊക്കെ ഇറങ്ങി നിൽക്കുക നിങ്ങള് ഗംഗയിൽ പോയി ഗാജലത്തില് തണുത്ത ആ വെള്ളത്തില് നിങ്ങൾ അരക്കൊപ്പം ഇറങ്ങി ഒരരമണിക്കൂർ നിക്കാമെങ്കിൽ ഉറപ്പാണ് നിങ്ങളുടെ ജീവിതകാലത്തിൽ ഒരിക്കലും നിങ്ങളുടെ മുട്ടുവേദന പിന്നെ മാറത്തിൽ ഒരു കംശ് വടക്കാ ഞാൻ ചെല്ലുന്ന കാലമാണ് പ്രായമാണ് സ്വയമായ വിഷയം വരുത്തുവാറക്കെ ഇങ്ങനെ രണ്ടു മുട്ടിനിങ്ങനെ തടവി തടവി തടവിയിരിക്കും ഇവിടെ ജോലി ചെയ്താണ് നമശ്യവായും ജനിക്കുന്നുണ്ട് പക്ഷെ മുട്ടിങ്ങനെ തടവി തടവി എന്താണ് ചോദിക്കുന്നത് തണുപ്പത്ത് സഞ്ചരിച്ച ഞാൻ ഇന്ത്യക്ക് ഉത്തരവാദിച്ച് ചെന്നപ്പോ അവിടെ നേപ്പാൾ സ്വദേശി സ്വദേശിയായ സ്വാമിയുണ്ട് അപ്പൊ ഞാൻ കേരളത്തിൽ നിന്നു പറഞ്ഞപ്പോ അദ്ദേഹം വലിയ സന്തോഷമായി കാരണം ഇദ്ദേഹം തപോവൻ സ്വാമിയുടെ കൂടെ യാത്ര ചെയ്തിട്ടുള്ള ഒരാളാണ് ഇദ്ദേഹം രാവിലെ എഴുന്നേറ്റ് ഉത്തരപായ്ശി കേരളാവശാശം അങ്ങനെ പുറത്ത് ബെഞ്ചിട്ടിട്ടുണ്ട് ആ ബെഞ്ച് വന്നിട്ട് രണ്ട് മുട്ടില് എണ്ണ ഇട്ടിങ്ങനെ തടയുകൊണ്ടേ ഞാൻ ചോദിച്ചെടുത്താണ് പറ്റിയെന്ന് പറയുന്നു തണുപ്പത്ത് ഹിമാലയത്തിൽ യാത്ര ചെയ്താണ് പിന്നെ ഇതുപോലെ ഗംഗാജലത്തിറങ്ങി കുളിക്കുകയും ചെയ്താൽ അന്ന് തപോൻ സ്വാമി പറഞ്ഞിട്ടുണ്ട് ഇത് രണ്ടും ചെയ്യരുത് മതിയായ സുരക്ഷയില്ലാതെ ഇത് രണ്ടും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മൾ കേട്ടിട്ടില്ല ഞാൻ പറഞ്ഞു സ്വാമി ഹിമാലയത്തിലൊക്കെ സഞ്ചരിച്ചല്ലേ ഒരുപാട് ആ സ്വാമി അനുഭവിച്ചപ്പോഴാണ് മനസ്സിലായത് പ്രശ്നം അതുകൊണ്ടാണ് ഞങ്ങളെയൊക്കെ ഉപദേശിച്ചു തീരണ്ടും ചെയ്യരുത് എന്ന് വെച്ചാൽ മതിയായ സുരക്ഷയില്ലാതെ സഞ്ചരിക്കാൻ പാടില്ല സഞ്ചരിച്ച ഇത് തന്നെ ജീവിതകാലം മുഴുവൻ മുട്ടുവേദനയായിട്ട് ജീവിക്കേണ്ടി അങ്ങനെയുള്ള അബദ്ധങ്ങൾ കാണിച്ചത് കാരണം അന്ന് മനുഷ്യന്റെ പ്രകൃതിക്ക് അനുകൂലമായ കാര്യം ഹിമാലയത്തിൽ താമസിക്കുന്നവർക്ക് വരെ ഹിമാലയത്തിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ഒരു മുപ്പത് വയസ്സെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ അറുപത് വയസ്സ് തോന്നിക്കവർക്ക് പ്രതികൂല കാലാവസ്ഥ അവർക്ക് അത്രമാത്രം ദോഷിച്ചു പിന്നെ പിന്നെ അവിടെ സമ്പത്തൊക്കെ ഉള്ളവരതിനൊക്കെ അതിജീവിക്കുന്നുണ്ട് അതുകൊണ്ടേ അത് ജീവിക്കാൻ പറ്റും സഹിച്ച ചാകൂന്നുള്ളതല്ല വേറെ സംഭവിക്കില്ല നമ്മളീ സഹിക്കാൻ പോയാൽ സഹിച്ചു സഹിച്ചെന്ത് ചെയ്യും ചത്തവും അതിജീവിക്കാൻ വേണ്ടിയിട്ടും പറ്റത്തില്ല സഹിച്ചിട്ടാരോ അതിജീവിച്ചിട്ട് അതിജീവിക്കണമെങ്കിൽ വേണം പ്രതിരോധിക്കണം എന്നുവെച്ചാൽ എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും നമ്മൾ സ്വീകരിക്കും ഒരു ഗവണ ഞാൻ ഗംഗോത്രി ഗോമുഖിൽ പോയി സഹിച്ചു അതുകൊണ്ടാണ് എനിക്ക് ഫാൻ തയ്യാറിയിരിക്കാൻ വയ്യാത്തത് ഒറ്റയാത്ര അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പഠിച്ചു പിന്നെ ഞാൻ കൈലാസത്തിന്റെ രണ്ടു ഗണ യാത്ര ഒന്നും സഹിച്ചല്ല പിന്നെ എന്തു ചെയ്തു എല്ലാ സംവിധാനത്തോടും കൂടി പോയി കുഴപ്പമൊന്നും ഇല്ല അപ്പൊ പല കാര്യങ്ങളും നമ്മളെ അനുഭവം കൊണ്ടേ പഠിക്കും പിന്നെ നമ്മൾ ഷോ കാണിക്കാൻ വേണ്ടിയൊക്കെ ഓരോന്ന് ചെയ്യും ഹിമാലയത്തിലൊക്കെ ചെന്നിട്ട് തണുപ്പത്തൊക്കെ നിൽക്കുക അങ്ങനെയൊക്കെ ഇറങ്ങുക അത് അവിടെ ചെല്ലുന്ന ഒരു ഷോയാണ് മറ്റുള്ളവർ നമുക്ക് റേറ്റിങ് സ്റ്റാർ റേറ്റിങ് തരുമെന്ന് പറയാൻ പോകുന്നു പക്ഷെ പിന്നീട് അനുഭവിക്കും അതുകൊണ്ട് സഹനം എന്ന് പറയുന്ന ഒരു നല്ല കാര്യമല്ല പ്രകൃതിയെ പ്രകൃതിയെ പ്രതിരോധിക്കുക പക്ഷെ അന്ന് നിവൃത്തിയില്ലാത്തത് കൊണ്ട് മനുഷ്യങ്ങനെ എഴുതി വെച്ചു സഹിക്കുക സഹിക്കുക പിന്നെ നമ്മൾക്ക് പ്രതിരോധിക്കുന്നതിനപ്പുറമുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ പെട്ടുപോയാ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടെ പിന്നെ സഹിക്കാൻ വേറെ വഴിയില്ലല്ലോ നമ്മുടെ മുമ്പിൽ മറ്റൊരു വഴി ഇല്ലാത്തതുകൊണ്ട് അവിടെ മാത്രേ അതിന്റെ ആവശ്യവും എല്ലായിടത്തും സഹിക്കേണ്ട കാര്യമില്ല പിന്നെ ജീവിതത്തിൽ സഹിക്കേണ്ട മറ്റ് ചില കാര്യങ്ങളുണ്ട് ദ്വന്വങ്ങൾ അതിവിടെ പറയുന്നില്ല ഇതെന്താണ് മാനാപമാനങ്ങൾ ജയപരാജയം ലാഭനഷ്ടങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളെ ഏറെക്കുറെ നമ്മളെ ബാധിക്കുന്നത് ഏറെക്കുറെ മാനസികമായിട്ടാണ് അപ്പം മനസ്സിന് കിട്ടുന്ന അടികളെ മനസ്സുകൊണ്ടിരുന്ന സഹ് പറയുന്ന ശീതവാദ ആദപങ്ങളൊക്കെ അടിക്കുന്ന എവിടെ ശരീരത്തിലാണ് അതാണ് അവിടെ പ്രതിരോധം വേണ്ടി രണ്ടിറ്റും രണ്ടായിട്ടില്ല മറ്റതങ്ങനെയല്ല കൂടുതലും നമ്മളെ ബാധിക്കുന്നത് മാനസികമായ ആഘാതങ്ങളുണ്ടാകും അവിടെ ശരിക്കും സഹിച്ചേ പറ്റും സഹിച്ചാല് നമ്മുടെ മാനസികമായ ആരോഗ്യം നിലനിർത്താൻ പറ്റും അപ്പോ പ്രതികൂല സാഹചര്യങ്ങളിൽ ജീവിക്കുമ്പോ എന്താണ് പ്രകൃതിയെ പ്രതിരോധിക്കുകയും ആ സമയം അവിടെ മാനസികമായ കരുത്തിനു വേണ്ടി മാനസികമായ പരിശീലനങ്ങൾ ആവശ്യം സഹന പരിശീലനങ്ങൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾ അതിനുപകരി ഇവിടുത്തെ ഈ പരിശീലന പഴയ രീതി പറഞ്ഞു എന്നുള്ളതേയുള്ളൂ ജ്ഞാനയുക്തികളാണോ പറയുന്നത് അപ്പൊ ഇന്നത്തെ രീതി പറയണമെങ്കിൽ ഇപ്പോ എന്താണ് ആസ്ത്രങ്ങളോട്ടെ പരിശീലിപ്പിക്കുന്നു അവരെവിടെ സീറോ ഗ്രാവിറ്റി ഇല്ലാതെ കഴിയും അവർക്ക് ആദ്യം കർശനമായ ശാരീരികമായ പരിശീലനങ്ങൾ കൊടുക്കുന്നു ഒരുപാട് പരിശീലനം കൊണ്ടേ സാധിക്കും അതോടൊപ്പം എന്ത് ചെയ്യുന്നു മാനസികമായ പരിശീലനം കൊടുക്കുന്നു അല്ലെങ്കിൽ അതിജീവിക്കാൻ പറ്റത്തില്ല ശാരീരികവും മാനസികവുമായ പരിശീലനം അങ്ങനെ അവിടുത്തെ പുതിയൊരു ജീവിത സാഹചര്യം ഉപഗ്രഹങ്ങളിൽ അവർ ജീവിക്കുന്നു അതുപോലെയുള്ള പരിശീലനങ്ങൾ ആവശ്യമായിട്ട് വരെ ഇതിന്റെ പ്രതികൂല സാഹചര്യങ്ങളെ പെടുമ്പോൾ ആരാണ് സുനിത വില്യംസ് ആറു ദിവസത്തിന് വേണ്ടി പോയപ്പോൾ ആറു മാസമാകുമ്പോൾ എന്തുകൊണ്ട് അവർക്ക് അവിടെ അതിജീവിക്കാൻ കഴിയുന്നു വളരെ ഒരു ഗ്രസ് ആയിട്ടുള്ള പരിശീലനങ്ങളാണ് മാനസിക പരിശീലനങ്ങൾ കൊടുത്ത് അവിടുന്ന് നമ്മളൊക്കെ ആണെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അപ്പൊ കഥ കഴിയും ഒരു ദിവസം പോലും അവിടെ ഇവിടെ ജീവിക്കാൻ പറ്റിയില്ല മാനസികമായ ക്ഷമതയില്ല പരിശീലനം കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങളാണ് അതുപോലെ ഇവിടെ ജീവിക്കുമ്പോഴും നമുക്ക് ഇത്തരം മാനസികമായ ആരോഗ്യങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മാനസികമായ സഹനത ക്ഷമത അത് വളർത്തിയെടുക്കാൻ പറ്റും അതുമാത്രമേ നമ്മളിവിടെ നോക്കേണ്ട കാര്യവും അത്യാവശ്യം നോക്കേണ്ട കാര്യമാണ് മറ്റേ മനുഷ്യന്റെ ഏതെങ്കിലും മാർഗീയ ജീവിത സാഹചര്യം വരുമ്പോൾ വേണ്ടി വന്നേക്കാം സാധാരണ ഗതിയിൽ നമ്മൾ പ്രകൃതിയോട് വലുതായി മനസ്സുകൊണ്ട് വന്നേണ്ട ആവശ്യമില്ല ശരീരത്തിന് പ്രതിരോധം ഉണ്ടാക്കിയെടുത്തു അതുകൊണ്ട് ഈ ശീതപാത ആദപാതീ എന്നൊക്കെ പറയുന്ന പഴയ സർവ ഈ സാധാരണ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ കുറിച്ച് പറയുന്നതാണ് ഇന്നത്തെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ അല്ല ഈ പറയും ദുന്വദുഃഖാൻ ഇതാണ് ഇവിടെ ദുന്വ ദുഃഖങ്ങളെന്ന് പറയുമ്പോൾ അതിന് എങ്ങനെ ജ്ഞാനയുക്തി കൊണ്ടെന്നാണ് ജ്ഞാനയുക്തി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ജ്ഞാനം എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർ പറയുന്ന എന്തോ തരത്തിലുള്ള ഒരു സാക്ഷാത്കാരം കൊണ്ട് എന്തോ ഒരു സാക്ഷാത്കാരം സാക്ഷാത്കാരത്തിന്റെ ഞാനയുക്തി എന്ന് പറയുന്നത് ഇത് ശരിക്കും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വിവേകത്തിൽ തന്നെ പറയുന്നത് എന്തുകൊണ്ട് സാക്ഷാത്കാരമല്ല ഇവിടെ സാക്ഷാത്കാരത്തെ കുറിച്ച് പറയും ആ സിക്ഷത്വം പോട്ടേണ്ടോ അതിന്റെ പ്രത്യേകത എന്താണത് ആ അത് സമാധിയാണ് അവിടെ ഒന്നിനും സഹിക്കേണ്ട ആവശ്യമില്ല എന്തുകൊണ്ട് ഇവിടെ പറയുന്ന തരത്തിലാണെങ്കിൽ അവിടെ ബാഹ്യ ബോധമില്ലാത്ത അവസ്ഥ എന്തിനും ആന്തരികമായ ബോധം പോലും ഇല്ലാത്ത അവസ്ഥ അപ്പൊ പിന്നെ പ്രപഞ്ചത്തെ അറിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് സഹിക്കുന്നത് മാനാഭിമാനം കൂടെ കുറിച്ച് ബോധമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് സഹിക്കുന്നത് അപ്പൊ ഈ ദുഃഖേഷുഖത്തിന്റെ പ്രാപ്തി അങ്ങനെ ഒന്നുമില്ല അപ്പൊ അവിടെ സഹനമെന്ന് പറയുന്ന മരണശേഷം അങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ ഏറ്റവും നല്ല ഉദാഹരണം എന്താണ് അല്ല നിങ്ങളുടെ നിങ്ങളുടെ മയക്കിട്ടിട്ട് നിങ്ങളുടെ ശരീരം കീറി മുറിക്കുന്നില്ല ഏ എനിക്കത് നല്ല ബോധ്യമുണ്ട് എങ്ങനെ കീറി മുറിച്ച ബോധ്യമുണ്ടെന്നാണ് പറയാം ഒന്നും അറിഞ്ഞില്ല എന്നുള്ള ബോധ്യമുണ്ട് രണ്ടുമാണ് എന്റെ ശരീരം കീറി മുറിച്ചാണ് മയക്ക് സഹിക്കേണ്ട യാതൊരു ആവശ്യമില്ല എന്തുകൊണ്ട് ശരീരത്തെ കത്തി കീറി മുറിക്കുമ്പോഴും നമ്മളൊന്നും അറിയില്ല അവിടെ പിന്നെ ആരാ സഹിക്കുന്നത് ഇനി ഉണർന്നു വരുമ്പോ പോലും വലുതായിട്ടൊന്നും സഹിക്കണ്ടവിടെ ഉടനെല്ലാം പിന്നെ ആന്റിബയോട്ടിക്കും പെയിൻ കില്ലറും എല്ലാം അടിച്ചു കയറ്റുകയാണ് വലുതായിട്ടൊന്നും സഹിക്കില്ല അപ്പോ അങ്ങനെ ശരീരത്തെ പൂർണ്ണമായും മാറ്റി കഴിഞ്ഞിട്ട് എന്താണ് ശരീരത്തെ കീഴി മുറിച്ചാൽ പോലും അറിയുന്നില്ലെങ്കിൽ അതുപോലെ ഒരവസ്ഥയാണ് സമാധി എന്നാ പറയുന്നത് അങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല കാര്യം സമാധി പോയിട്ട് കീറി മുറിച്ചോളാൻ പറയുന്ന ആരും ഇല്ല എം പോയി എന്താണ് ഇവിടെ ഒരുപാട് യോഗികളൊക്കെ ഉണ്ട് പോയിട്ട് ഒരു ചെറിയ സർജറി വേണ്ടി വരുമ്പോ എന്നാ പിന്നെ ഒരു കാര്യം ഞാൻ സമാധിയിരിക്കാം നിങ്ങൾ കീറി പോകുന്ന പറയാൻ ധൈര്യമുള്ള യോഗി കൂടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല യോഗ ആചാര്യന്മാർ കൂടെ വഴിതട്ടി അവരെ തട്ടിയിട്ട് നടക്കാൻ വയ്യ ഇഷ്ടംപോലെ തന്നെ അങ്ങനെ പറയുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല എന്തായാലും അവിടെ ഇതിൻ്റെ ഒരു വിദ്യ ഉണ്ടോ എന്ന് ഒന്നും അറിയത്തില്ല അപ്പൊ യോഗത്തിൽ സാക്ഷാത്കാരമെന്ന് പറയുന്ന അങ്ങനെ ഒരു അവസ്ഥയുന്നത് നടക്കില്ല എന്നൊന്നും എനിക്കറിയത്തില്ല ഇനി അതിനെ കുറിച്ച് ഞാനൊരു വിവാദം ഉണ്ടാക്കുന്നില്ല എന്തായാലും ഇതിന് നടന്നു അനശ്ശേഷി നടനത്തിന്റെ ഒരാവശ്യമില്ല അറിയുന്നില്ല എന്തു സംഭവിക്കുന്നു അപ്പൊ ഇതൊക്കെ വെച്ചുകൊണ്ടാണ് ആൾക്കാർ പറയുന്നത് എന്താണ് ഇത്രയും ശരീരം കീറി മുറിക്കുമ്പോഴും നിങ്ങൾ വേദന അറിയുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഈ വേദന അനുഭവം സംവേദനം ബോധം ഇതിനൊക്കെ എന്തുമായിട്ട് ഒരു നേരിട്ടുള്ള ഒരു ബന്ധമുണ്ട് ഏതുമായിട്ടും ആത്മാവുമായിട്ടാണോ മനസ്സുമായിട്ടാണോ ശരീരവുമായിട്ടാണോ ശരി ഇത്തരത്തിനെന്ത് കാലതാമസമാണ് നിങ്ങളുടെ ബ്രെയിനുമായിട്ട് നിങ്ങൾ ഇതുവരെ അതുവരെ എത്തിയിട്ടില്ല ഞാൻ എത്ര കാരണം കൊണ്ടിരുന്നെന്ന് പറഞ്ഞു ഇതിനൊക്കെ നിങ്ങളുടെ ബ്രെയിനുമായിട്ടൊരു വളരെ ദൃഢമായ ബന്ധമുണ്ട് നിങ്ങളെങ്ങനെയാണ് നിങ്ങൾ ഇത്രയും ശരീരം മുഴുവൻ കീറി മുറിക്കുമ്പോഴും അത് ഹാർട്ടിലൊക്കെ കത്തിവെക്കുകയാണ് നെഞ്ച് ഈ ഇത്രയും ശക്തിയുള്ള ഈ നെഞ്ച് അതിനെ വെട്ടിപ്പുളർന്നിട്ട് ഹാർട്ടിലൊക്കെയാണ് കളി നമ്മളറിയുന്നത് എവിടെ പോയി ബോധം ബോധത്തെവിടെയാ തടഞ്ഞത് ബ്രെയിനിലല്ലേ തടഞ്ഞത് അപ്പൊ ബ്രെയിനും ബോധമായിട്ടൊരു ബന്ധമില്ലേ അങ്ങനെ മനുഷ്യൻ ചിന്തിക്കുന്നുകൊണ്ടാണ് ഇന്ന് ആൾക്കാരൊക്കെ ആത്മാവിനൊക്കെ മുറിവേൽക്കുന്നത് പഴയതുപോലെ അങ്ങനെ സുരക്ഷിതമായി ആത്മാവിനെ കൊണ്ടുനടക്കാൻ പറ്റും എന്നുവെച്ചാൽ ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ മനുഷ്യനും ഇനിയും അറിയാനുണ്ട് എന്ന് ഞാൻ പറയുന്നതിന് അർത്ഥമാണ് ഇനിയും അറിയാനുണ്ട് സഹനം എന്ന് പറയുന്നത് പഴയകാലത്ത് തികച്ചും അസാധ്യമായിരുന്ന കാലത്താണ് ഈ പ്രകൃതിയൊക്കെ സഹിക്കണം എന്ന് പറഞ്ഞത് ഇന്ന് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അതിന് വലിയ പ്രസക്തിയൊന്നുമില്ല പക്ഷെ നമ്മുടെ മാനസികമായ ആഘാതങ്ങളെ സഹിക്കാൻ ശേഷിയില്ലെങ്കിൽ അല്ല ഇനി ശാരീരികമായി തന്നെ സംഭവിക്കുന്ന ചെറിയ അസുഖങ്ങളുണ്ട് ശീതാത പോട്ടെ ഒരു ചെറിയൊരു ചൊറി വന്നാൽ മതി ചിലട്ടെ ഇത് ക്യാൻസർ ആണോ എന്ന് പറഞ്ഞ് വ്യാപനാധികളും ചെറിയൊരു തലവേദന വന്നു കഴിഞ്ഞാൽ പറയും ഇത് ബ്രെയിൻ ട്യൂമർ ആയിരിക്കും ഇങ്ങനെ ആഹലാതിപ്പെട്ട് മനസ്സിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുന്നുള്ള മനുഷ്യരുണ്ടല്ലോ അവർക്ക് ഈ ശരീരത്തിന്റെ ആധിവ്യാധികളെയും സഹിക്കുന്നതിനുള്ള ഒരു ക്ഷമത ജ്ഞാനയുക്തികൾ നേടേണ്ട അത്യാവശ്യമാണ് അവിടെയൊക്കെ ജ്ഞാനയുക്തിക്ക് പ്രാധാന്യം ജ്ഞാനയുക്തി എന്ന് വെച്ച വിവേകങ്ങൾ അപ്പോ ഇനി നിങ്ങൾ എന്തെങ്കിലും സംശയിക്കുന്നുണ്ടെങ്കിൽ സംശയിക്കുന്ന കാര്യം സംഭവിച്ചാലും അതിനെ നേരിടാവുന്ന മാനസികമായ ധൈര്യം സംശയം വന്നെന്നിരിക്കട്ടെ ക്യാൻസറാണോ ബ്രെയിൻ ട്യൂമറാണോ മറ്റെന്തെങ്കിലും ആണോ വന്നാൽ നേരിടുക അതെല്ലാം വേറെ വഴിയൊന്നുമില്ല എന്നുള്ള മാനസികമായ ധൈര്യം ഉറപ്പ് അതൊരാൾക്ക് നേടിയെടുക്കുന്നതിനാണ് അതിന്റെ സജഷനു തന്നത് അത് മാനസികമായ പരിശീലനം കൊണ്ട് നേടിയെടുക്കാവുന്നതാണ് അതിന് ഏത് വ്യക്തി ഉപയോഗിക്കാം ഇവിടെ പറയുന്ന ആത്മീയ വ്യക്തികളാണ് ഇവിടെ പറയാൻ പോകുന്ന മുഴുവൻ ചുരുക്കത്തിൽ എന്താ പറയുന്നത് ആ അതായത് എല്ലാം ചിത്തമാണ് അറിവാണ് ചിത്തന്നോ അറിവെന്നോ മനസ്സെന്നോ എന്ത് പറയാം അതിനെ ഇതൊന്നും ബാധിക്കുന്നില്ല താൻ അതാണ് അതുകൊണ്ട് തന്നെ ഇതൊന്നും ബാധിക്കുന്നില്ല എന്ന് കരുതി എന്താണ് സമാധാനിക്കുക സന്തോഷിക്കുക ഇതൊന്നും ബാധിക്കാത്ത ഒരു സ്വരൂപം തനിക്കുണ്ടെന്ന് ഇതാണ് ഇവിടെ പറയുന്ന ആത്മീയമായി ുക്തി ഇത് പലതരത്തിലും പറയും ചുരുക്കം അതിന്റെ എസൻസാണ് ഞാൻ പറഞ്ഞത് തന്നെയത് ബാധിക്കുന്നില്ല അങ്ങനെ ഒരു തന്നെയത് ബാധിക്കുന്നില്ല എന്നുള്ളൊരു മനോഭാവം ഈ പറയുന്ന ജ്ഞാനയുക്തിയുടെ പരിശീലനം മനണത്തിലൂടെ ഒരാൾക്ക് വളർത്തിയെടുക്കാൻ കഴിഞ്ഞാൽ ദൈനംദിന ജീവിതത്തിൽ മനസ്സിന് സംഭവിക്കുന്ന അക്ഷതങ്ങളും ശരീരത്തിന് സംഭവിക്കുന്ന രോഗം ുള്ള കാര്യങ്ങളുമെല്ലാം ഒഴിവാക്കാനല്ല നേരിടുന്നതിനുള്ള ഒരു ശക്തി ഒരാൾക്കുണ്ടാവും അത് നമുക്ക് ആർക്കും സാധിക്കാം എന്നുള്ള കാര്യം വിവേകമെന്ന് പറയും ഇനി അതിന് മനഃശാസ്ത്രപരമായിട്ടുള്ള രീതികളാണെന്നും അവരുപദേശിച്ചു അവിടെ ഈ ചിത്ത് ആത്മാവ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല മനുശാസ്ത്രപരമായ പല രീതികളും മനസ്സിന് ബലം കൊടുക്കുന്ന ഇത്തരം അവസ്ഥകളെ നേരിടേണ്ടി വന്നാൽ എങ്ങനെ ഇതിനെയൊക്കെ അതിജീവിച്ചിട്ട് മനസ്സിനെ സ്വസ്ഥമാക്കി ഇന്നെല്ലാം നേരിടുക എന്നുള്ളതാണ് ഇല്ലാതാക്കുക എന്നുള്ളതാണ് അതിജീവിക്കാന്ന് പറഞ്ഞാൽ ഒരു പ്രതികൂലത ശരീരത്തിന് വന്നു കഴിഞ്ഞാൽ മനസ്സിന് ഇങ്ങനെയുള്ള ആഘാതങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ നേരിട്ടുകൊണ്ട് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകും അതാണ് അതിജീവിതം എന്ന് മനസ്സ് തളർന്നു പോവാതെ നേരിട്ടില്ലേ പറ്റും വന്നുകഴിഞ്ഞു അതോടൊപ്പം എന്താണ് ഭൗതികമായ പ്രതിവിധിയുകയും ചെയ്തു പോകുക രണ്ടും വേണം വിശ്വാസികളുടെ രീതി പലപ്പോഴും ശരിയല്ല കേട്ടോ വിശ്വാസികൾക്ക് പ്രയാസം ഇല്ല പലപ്പോഴും അവരുടെ രീതി ശരിയല്ല കാരണം അവരെന്ത് ചെയ്യുന്നു വിശ്വാസികളാണെന്ന് ഭാവിക്കുകയും ഒന്നിനും വിശ്വാസം ഇല്ലാത്തവരായി പലരും ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളു നിങ്ങളെക്കുറിച്ചല്ലേ ഞാൻ പറയുന്നു ഇപ്പോ എന്തെങ്കിലും ഒരു വലിയ ബുദ്ധിമുട്ട് വന്നു ശരീരത്തിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ ഉടനെ പോയി അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കും പൂജ നടത്തും കുറെ കാശൊക്കെ മുടക്കും കുറെ കഴിയുമ്പോ ഒരു സംശയം ഇതുകൊണ്ടൊക്കെ ഇത് ശരിയാകുമോ ഗണപുതി കൊണ്ടിരിക്കും മാറുന്ന കേസാണോ നേരെ ആ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ കൊണ്ടും കുറച്ച് ചികിത്സ അങ്ങനെ നടന്നു വരുമ്പം വിശ്വാസിയാണേ ആദ്യം ഗുണപതിമ നടത്തിയ വിശ്വാസത്തിൽ തന്നെയാണ് വിശ്വാസം കുറച്ച് കഴിഞ്ഞപ്പോഴാ പോയത് പിന്നെ നേരെ ഹോസ്പിറ്റലിൽ പോയി ചികിത്സിക്കുന്നു ചികിത്സിക്കുമ്പോ എന്തോ കുറച്ചു ദിവസം കഴിയുമ്പോൾ അതിലും വിശ്വാസം ഓ ഇതുകൊണ്ടത് ശരിയാവത്തില്ല വീണ്ടും എവിടെ പോവും അമ്പലത്തിൽ പോവും വലിയ വിശ്വാസിയാണ് ചുരുക്കത്തിലവനെന്താണ് ഒന്നിനെയും വിശ്വസിക്കാത്ത വിശ്വാസിയാണ് അതല്ല വിശ്വാസത്തിനിങ്ങനൊരു കുഴപ്പമാണ് താൻ വിശ്വസിക്കുന്നതിനെ തന്നെ അവിശ്വസിക്കും അവിടെയൊക്കെ ശരിക്കും കൗൺസലിങ് ആവശ്യം പിന്നെ അത് അവനെ എവിടെ കൊണ്ട് ചാടിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല വിശ്വാസ എനിക്ക് ഈ അടുത്ത കാലത്ത് ഞാൻ അറിഞ്ഞ ഒരു സംഭവമാണ് ഇനി കുറച്ച് വർഷങ്ങളായിട്ട് കഴിഞ്ഞുള്ളവരാണ് ദമ്പതികൾ അതിൽ ആ യുവാവിന് നിരീശ്വരവാദിയായിരുന്നു യുവതിക്ക് വിശ്വാസിയായിരുന്നു വിവാഹം കഴിഞ്ഞ് കുട്ടികളില്ല ധാരാളം കാശുണ്ട് നേരെ പോയി ഐ വി എഫ് ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്ത് ഒരു രക്ഷയും ഇല്ല ക്രമേണ ക്രമേണ എങ്ങനെയോ ഭാര്യയുടെ നിർബന്ധം കൊണ്ടായിരുന്നു ഭർത്താവ് ഒരു വിശ്വാസിയായി അയാളെ ശബരിമലയ്ക്ക് ആദ്യം പോയി ശബരിമല പോയി വന്നപ്പോ അയാളുടെ പൂർണ്ണ വിശ്വാസം പിന്നെ ഗുരുവായൂർ പോയി തിരുപ്പതി പോയി എല്ലാ അമ്പലങ്ങളിലും പോയി പിന്നെ ക്രമേണ സ്വാമിമാരുടെ അടുത്ത് പോയി ഗുരുക്കന്മാരുടെ അടുത്ത് പോയി അവർക്ക് വേറെ കുട്ടികളുണ്ടാവും ട്രീറ്റ്മെന്റൊക്കെ ഇതിനിടയിൽ നടന്നുകൊണ്ടേരി പക്ഷേ അത് സഫലമാവുന്നില്ല ഇപ്പൊ ആ പ്രത്യേകിപ്പത് നാൽപ്പത്തിയേഴ് വയസ്സായി എന്തായാലും കുറച്ചു കാലം മുമ്പ് അവർക്ക് സന്താന സൗഭാഗ്യമുണ്ടായി സന്തോഷമായി പക്ഷേ ഇതിനിടയ്ക്ക് അത് സംഭവം നടന്നു കാരണം എന്താണ് ഇവർ വിശ്വാസികളും അവിശ്വാസികളുമാണ് അതുകൊണ്ട് എന്തെയ്യുന്നു ഒരമ്പലത്തിൽ പോയിട്ട് പിന്നെ അതിന് വിശ്വാസം വരില്ല വേറെ അമ്പലത്തിൽ പോകും അവിടെ വിശ്വാസം വേറെ അമ്പലത്തിൽ പോവും എന്റെ ഇടയ്ക്ക് ട്രീറ്റ്മെന്റ് ഉണ്ട് അതിലും വിശ്വാസമില്ല ഇങ്ങനെ പോയി പോയി പോയി അവസാനി ട്രീറ്റ്മെന്റ് ഭരിച്ചപ്പോടെ എത്തി കൃപാസനത്തില് കൃപാസനം ഒന്നും കേട്ടിട്ടുണ്ടോ അവിടെ എത്തിയപ്പോഴാണ് ട്രീറ്റ്മെന്റ് ഭരിച്ചത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രിസ്മസിന് അവര് രണ്ടുപേരും ക്രിസ്ത്യാനികളായി കാരണം ഇവരുടെ ഓട്ടത്തിൽ വിശ്വാസത്തിനും അവിശ്വാസത്തിലുമുള്ള ഈ ഓട്ടത്തിലുണ്ടെങ്കിൽ ആ ഓട്ടം തുറന്ന് ഒരു ഏ ഇരുപത് വർഷം വരെ വിശ്വാസികളും അവിശ്വാസികളുമാണ് വൈദ്യശാസ്ത്രത്തിന് വിശ്വാസികള എന്നാലുണ്ട് ദേവന്മാരിൽ സ്വാമിമാരില് എൻ്റെ അടുത്ത് ഭരിക്കാമെന്ന് അങ്ങനെയാണ് ഞാൻ വിലപ്പര എന്റെ അടുത്ത് വന്ന് പറഞ്ഞു ആ സ്വാമി ഒന്ന് സങ്കല്പിച്ചാ ഞാൻ പറഞ്ഞു ഞാൻ സങ്കല്പിച്ച ഗർഭം ഉണ്ടാകത്തില്ല തുറന്നു ഞാൻ പറഞ്ഞു പുള്ളിയൊന്നു ഞെട്ടിപ്പോയി അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു സങ്കല്പ ശക്തി അങ്ങനെ ഞാൻ കരുതുന്നു നിങ്ങൾക്കങ്ങനെ ആരിലാണോ വിശ്വാസമുള്ളത് അടുത്ത് പോയി പറയുക സങ്കല്പിക്കാൻ എന്ന് പറഞ്ഞ് ഞാൻ വിട്ടു അതുകൊണ്ടാണ് ഞാൻ ഈ കക്ഷികളെ അറിയുന്നത് എന്ന് സൗഹൃദം തന്നെയായിരുന്നു സാമീഹ തുറന്നു പറഞ്ഞത് നന്നായിരുന്നു എന്തായാലും ഇപ്പോ ഐ വി എഫില് തന്നെയാണ് അവർക്ക് സന്താനം ഉണ്ടായത് പക്ഷെ ഇപ്പൊ അവര് പൂർണ്ണമായിട്ടും എന്തായി ക്രിസ്ത്യാനികളായി കാരണം അവിടെ എത്തിയതും കുഞ്ഞുണ്ടായി വിശ്വാസം എന്തായി ഇപ്പൊ കൃപാസനമൊക്കെ അരച്ചു കിളക്കി കുടിക്കുക എന്ത് പറഞ്ഞാലും അവര് ചെയ്യും അതുകൊണ്ട് നിങ്ങൾക്ക് അറിയില്ല എന്ന് തോന്നുന്നു കൃപാസനം ഒരു വലിയ സംഭവമാണ് ഇങ്ങനെ എത്ര പേരാണ് അവിടെ പുറപ്പെട്ടിരിക്കുന്നത് അത് മാത്ര ഇപ്പൊ ഞാനിത് അറിയാൻ കാരണം എന്തെന്ന് വെച്ചാൽ അവരുടെ ഒരു അടുത്ത ബന്ധു എനിക്ക് പരിചയമുള്ള ആൾ എന്നെ കണ്ട അടുത്ത സംഭവം ഇവരുടെ കാര്യം ഞാനിത് അറി എന്ന് പറഞ്ഞില്ലേ അവസാന സംഭവം അവർക്കിപ്പോ അങ്ങനെയാണെങ്കിൽ എന്തായാലും അവർക്ക് ഊട്ടി ഉണ്ടാവില്ല അവരുടെ വലിയ ആഗ്രഹം അതല്ല ഞങ്ങളുടെ ബന്ധുക്കളെ ഒരുപാട് പേരെ അവർക്കൊരു കൃപാസനത്തിലാക്കി അവർക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ അവരെന്തേ ഊട്ടിപ്പോവുകയാണ് ക്രിസ്ത്യാനികളാക്കി മാറ്റി രണ്ട് മൂന്ന് കുടുംബങ്ങളാണ് അപ്പൊ അവരെന്താ പറയുന്നത് അവർ പറയുന്നത് ജീവനുള്ള ദൈവം ക്രിസ്ത്യോ കന്യാമുറികയോ ഉണ്ണിയേശ്വരയോ ബാക്കി അവര് എന്താണ് ശിവനെന്നോ അയ്യപ്പനെന്നോ വിഷ്ണു എന്നോ പറയില്ല ഹിന്ദു ദൈവങ്ങളെന്നാ ഇപ്പൊ പേരിട്ട് വിളിക്കുന്നത് ഹിന്ദു ദൈവങ്ങൾക്കൊന്നും ശക്തി ഹിന്ദു ദൈവങ്ങളെന്ന പറ്റിപ്പാണ് അല്ലാതെ ഗുരുവായൂരപ്പാന്നോ അയ്യപ്പാന്നൊന്നും ഇപ്പൊ അവര് പറയത്തില്ല ഹിന്ദു ദൈവം എന്നേ പറയത്തില്ല ഈ വ്യാളിനോട് പറഞ്ഞു അത്ര മാത്രമാണ് അപ്പൊ വിശ്വാസം എവിടെ പോയിക്കുന്നെന്ന് നോക്കുക പിന്നെ ഇതിൽ നിന്ന് മാറിപ്പോകുന്നെനിക്കറിയാം ഇപ്പൊ വിശ്വാസത്തിലെ അവിശ്വാസം വരും നമ്മൾ വിശ്വാസം വലിയ കാര്യമായിട്ട് പറയുമ്പോൾ ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരുന്നത് ഇതൊക്കെ മനുഷ്യനെ എവിടെ കൊണ്ട് ചാടിക്കുന്നു ഇവിടെ എത്തിക്കുന്നു അത് നമ്മൾ ചിന്തിക്കുന്നു അതുകൊണ്ട് ഇവിടെ പറയുന്ന കാര്യം എന്താണ് സഹനം എന്ന് പറയുന്നത് വിശ്വാസീത സഹനമൊന്നുമുള്ളതല്ല ഇവിടെ പറയുന്നത് ഒരു ആത്മീയ ബോധത്തിൽ സഹിക്കാന്നുള്ളതാണ് അത് ഒരു തരത്തിൽ പറഞ്ഞാൽ പ്രാചീനമായ ഒരു മനഃശാസ്ത്ര പദ്ധതി എന്ന് പറയാം മനസ്സിനെ കുറിച്ചുള്ളവരുടെ പഠനങ്ങളൊക്കെ അപൂർണമായിരുന്നെങ്കിലും ഇതെല്ലാം നടക്കുന്ന മനസ്സാണ് മനസ്സിലാണല്ലോ നിങ്ങൾ പറയുന്നു ആത്മാവ് അത് ചിത്താണ് അത് അറിവാണ് ബോധമാണ് അതിനൊന്നും സ്പർശിക്കുന്നില്ല എന്ന് കരുതി സ്വയം ബലം ആർജിക്കുകയെന്ന് പറയുമ്പോൾ ഈ ചിന്തകളും എല്ലാം എവിടെ അടക്കുന്നു മനസ്സിലല്ലേ അടക്കം മനസ്സിലാണല്ലോ ബലം കൊടുക്കുന്നത് പിന്നെ ആ അറിവിനെ ആത്മാവെന്ന് പറയുന്നു എന്താ ദോഷമുണ്ട് അതേ അറിവിനെ തന്നെയാണ് പറയുന്നത് എന്തെങ്കിലും ആത്മാവെന്ന് പറയും പിന്നെ അതിന് വളരെ സങ്കീർണ്ണമായ ദർശനങ്ങളുണ്ടാക്കുമ്പോഴാണ് നമ്മൾ ഉയരത്തു പോകുന്നത് മനുഷ്യന് പിടികിട്ടാതെ ഇത്രയൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും അറിവ് തന്നെ ആത്മാവ് അറിവിലാണ് ബലമുണ്ടാകുന്നത് അറിവുകൊണ്ടാണ് ചിന്തിക്കേണ്ടത് അറിവുകൊണ്ടാണ് അതിജീവിക്കേണ്ടത് അറിവുകൊണ്ടാണ് എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്യേണ്ടത് നേരിടേണ്ടത് അതാണ് ജ്ഞാനയുക്തി എന്ന് പറയുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ് അത് നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങളും അതിന് പിന്നെ പറയുന്നത് എന്താണ് അതിനെ കുറിച്ചൊരു ദൃഢമായ ബോധ്യം വേണം കേവലം വിശ്വാസത്തിന്റെ ഒരു തരത്തില് മനുഷ്യൻ അങ്ങനെയാണെന്ന് ബോധ്യപ്പെടുക ശ്രീ അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണ് സാധുഷവും ജ്ഞാനശക്തി മിനാഖ്യേന സഹിക്കുക ജ്ഞാനയുക്തി അല്ലെങ്കിൽ ജ്ഞാനശക്തി ബോധശക്തി അറിവിന്റെ ബലം വിവേകം ഇതെല്ലാം കൊണ്ടല്ലാതെ ഇങ്ങനെയൊക്കെ ഒരാൾക്ക് എങ്ങനെ സഹിക്കാൻ കഴിയും ദ്ന്ദുങ്ങളെ അപ്പോൾ അങ്ങനെ ഇതിനെ സഹിക്കുക ആ സഹിക്കുന്നതിനാണ് ഇവിടെ മുമ്പോട്ട് ഇതുമ്പോൾ ജീവൻ മുക്തി എന്ന് പറയുന്നത് സഹിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ മലയാളത്തിൽ സഹിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ധരിക്കുന്നത് ബുദ്ധിമുട്ടി സഹിക്കുക എന്നുള്ളതാണ് പല്ലുവേദനയുണ്ട് സഹിക്കുന്നു എന്ന് പറഞ്ഞാൽ പല്ലുവേദനയെ അനുഭവിക്കുന്നു എന്നാൽ അതിനെ കഷ്ടപ്പെട്ട് സഹിക്കുകയും ചെയ്യുന്നു അർത്ഥത്തിലുള്ള ഇവിടെ സഹിക്കുക എന്ന് പറയുന്നു അത് തന്നെ ബാധിക്കുന്നില്ല എന്നുള്ള ചിന്ത കൊണ്ട് അതിനെ നേരിടുക സ്വസ്ഥമായി നേരിടുക സമാധാനത്തോടുകൂടി നേരിടുക അതാണ് ഇവിടെ സഹനമെന്ന് പറയുന്നത് അതുകൊണ്ട് സഹനത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുക അപ്രതീകാരം ചിന്താവിതാപരഹിതം അല്ല നമ്മൾ സഹകരണം പറയുന്ന മലയാളത്തിലെ സഹനമുണ്ട് മലയാളത്തിലെ സഹനത്തിൽ എന്താണ് സഹനത്തിന്റെ പ്രതിബന്ധം ദുഃഖമോ പരാജയമോ എന്തുകൊണ്ടോ അതും കൂടെ കാണും രണ്ടും കൂടെ ഒരുമിച്ച് പോകുന്ന സഹനമാണ് അതിനെയൊക്കെ ഒഴിവാക്കി നിർത്തിയിട്ട് അവിടെ മനസ്സിന് ബലമാണ് എന്ന് പറയുന്നത് അവിടെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും മനസ്സിന്റെ ഉറപ്പ് അല്ലെങ്കിൽ ബലം കൊണ്ട് ഒരു തരത്തിലുള്ള നിശ്ചിന്തത കൊണ്ട് ഈ വൈഷമ്യങ്ങളിലൂടെ അവൻ മുന്നോട്ട് പോവുക ജീവിച്ചു പോവുക അതെ നേരിടുന്നതാണ് അതിന് പ്രതിരോധം തീർക്കുന്നതാണ് മാനസികമാണ് അതിനുവേണ്ടിട്ട് നിരന്തരം ഈ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും എന്താണ് ഇതൊന്നും ബോധത്തിന് സ്പർശിക്കുന്നില്ല നീ അതാണ് ഇന്ന് സ്പർശിക്കുന്നില്ല എന്നുള്ള രീതിയിൽ മാനസിക ബലത്തെ വർദ്ധിപ്പിക്കുക എന്ന് പറയുമ്പോൾ സ്പർശിക്കാതിരിക്കുമോ എന്ന് ചോദിച്ചു അത് വരും സ്പർശിക്കുന്നതുകൊണ്ടാണോ ഇത് പറയുന്നത് പിന്നെ ഇതെന്താണ് ക്രമേണ മാനസിക ശക്തിയെ വർദ്ധിപ്പിക്കുക എന്നുള്ളതേ അതുകൊണ്ട് അർത്ഥമാക്കുന്നു പൂർണ്ണമായ ഒരു അതിജീവനമല്ല പൂർണ്ണത എന്ന് പറയുന്നത് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല അത് ഓരോരുത്തരുടെയും മാനസികമായ ബലമനുസരിച്ച് നമുക്ക് പല്ലുവേദനയും സഹിക്കുക എന്ന് പറഞ്ഞാൽ ഏതുവരെയുള്ള പല്ലുവേദനയെ നമുക്ക് വേദന അളക്കാൻ പറ്റത്തില്ല ഓരോരുത്തരുടെ അനുഭവത്തിൽ വരുന്ന വേദനയുടെ തീവ്രതയനുസരിച്ച് ഒരാൾക്ക് എത്ര എത്ര തീവ്രമായ വേദന നടക്കാൻ പറ്റും എന്ന് പറയുന്നത് അവിടെ മനസ്സിൻ്റെ പരിമനുസരിച്ചു അങ്ങനെ നേരിടാൻ കഴിയും ഒരു പരിധി കഴിഞ്ഞാൽ മനുഷ്യനെ നേരിടാൻ കഴിയില്ല കാരണം മനുഷ്യന്റെ ബോധം തന്നെ വേദന തീവ്രമായി ബോധശൂന്യനായി അങ്ങനെ അപ്പൊ പേക്ഷികമാണ് പക്ഷെ സാധാരണഗതിയിൽ ഇതിനെക്കുറിച്ചൊന്നും ബോധമില്ലാത്ത ഒരു മനുഷ്യനെ അപേക്ഷിച്ച് ജീവിതത്തിലെ ബന്ധങ്ങളെയൊക്കെ നേരിടുന്നതിനുള്ള ഒരു ധൈര്യവും മാനസികമായ ബലവും ഉണ്ടാക്കുക അതാണ് ഇവിടുത്തെ ഈ സൈക്കോതെറാപ്പിയുടെ ഗുണം അതാണ് ആധുനിക സൈക്കോതെറാപ്പി പറയുന്നത് ഇതൊക്കെ തന്നെയാണ് പക്ഷെ അത് വേറെ രീതിയിൽ പറയുന്നത് തന്നെയാണ് അതാണ് ഇതിന്റെ പ്രയോജനം സഹിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് പൂർണ്ണമായും കീഴ്പെട്ടുപോകും എന്നിട്ട് വിലപിക്കുക അങ്ങനെ ഇവിടെ പറയുന്ന അങ്ങനെയല്ല എന്നാൽ അനുശോചന്തി ദുഃഖം വരുന്നു ദുഃഖത്തെക്കുറിച്ച് വീണ്ടും ദുഃഖം വന്നുപോയല്ലോ എന്ന് പറഞ്ഞ് ദുഃഖിക്കാതി അപ്പോ അതിന് വ്യത്യാസം സഹനമെന്ന് പറയുന്നത് സാന സഹനമെന്ന് പറഞ്ഞാൽ നമ്മളതിന് കീഴ്പെട്ടുപോകും സഹിക്കുന്നു നിവർത്തിയിരുന്നു ഓമ്മഴിയിൽ ആ അസഹ്യം അസഹ്യമെന്ന് പറയും സഹിക്കാൻ പറ്റുന്നില്ല ഇവിടെ അത് അസഹ്യതയില്ല അയാൾ എന്തെങ്കിലും നേരിടുന്നു അസഹ്യതയല്ല ഇവിടെ സഹനമാണ് അത് നേരിട്ടുകൊണ്ട് അയാള് അത് മനസ്സിന്റെ ഒരു തരം എന്നേ പറയാൻ പറ്റും ജീവിതസന്ദർഭങ്ങളിൽ ഓരോരുത്തരും ഈ ദ്വന്വങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും അത് എല്ലാവരും ഒരുപോലെയല്ല പ്രവർത്തിക്കുന്നു പലതരത്തിലാണ് ഇവിടുത്തെ രാമനെ അവതരിപ്പിക്കുന്ന അതൊക്കെ സഹിക്കുന്ന ആളായിട്ടാണ് രാമായണത്തിലെ രാമനെ അവതരിപ്പിക്കുന്നതോ എന്ന് സഹിക്കാൻ പറ്റാതെ നിലവിളിക്കുന്ന ആളായിട്ടാണ് അപ്പൊ അവിടെ എന്താണ് അസഹ്യമാണ് ഇവിടെ അങ്ങനെയല്ല സഹനമാണ് അവിടെ നമ്മൾ വ്യത്യാസം അസഹ്യമല്ല സഹനം എന്ന് പറയുന്നു ഇവിടെ സഹിക്കുക എന്നുള്ള പാഠം കൊണ്ട് കൊടുക്കും അത് ജീവിതത്തിൽ ഉടനുകളും അതൊരു മാനസിക ബലം ഒരു ധൈര്യം മനുഷ്യൻ ആർജിക്കുക ആർജിച്ചെടുക്കുക അതിനുള്ള ഒരു യുക്തി ഇവിടെ പറഞ്ഞു കൊടുക്കുക വിവേകം അതിന് ഞാനുക്തി എന്ന് പറയുന്നത് അതിന് ഇവിടെ എന്ത് ചെയ്യുന്നു അറിവിനെ അല്ലെങ്കിൽ ആത്മാവിനെ കൂട്ടുപിടിക്കണം അതിനു വേണ്ടി അങ്ങനെയൊരു കാഴ്ചപ്പാടും മനസ്സിലാക്കുകയാണ് അതായത് നിങ്ങൾ വളരെ ദാഹിച്ച് വരണ്ടു ഒരു മരുഭൂമിയിലൂടെ നടക്കുന്നു പക്ഷെ അറിയാം കുറച്ച് ദൂരം കൂടെ പോയി കഴിഞ്ഞാൽ വെള്ളം കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് അങ്ങനെ അറിഞ്ഞുകഴിഞ്ഞാൽ എന്താണ് അവന് ആ ദാഹത്തെ അതിജീവിക്കുന്നതിനുള്ള ശക്തി കൂടുതലായിരുന്നു അവനതിനെ അതിജീവിക്കും കാരണം ഇത്ര കഴിഞ്ഞാൽ അതിജീവിക്കാൻ പറ്റുള്ളൂ അപ്പം അവൻ്റെ ഒരു മാനസിക ബലം ഉണ്ടാവില്ല ആ കുറച്ച് ദൂരമേ ഉള്ളൂ അതുകൂടെ അതാണ് മാനസിക ബലമെന്ന് പറയുന്നത് പക്ഷെ എവിടെ വെള്ളം കിട്ടുമെന്നുള്ള യാതൊരു ധാരണയില്ല പക്ഷെ അവന് അസഹ്യമായ ദാഹമുണ്ടെങ്കിൽ അവൻ ചത്തുപോകത്തേ ഉള്ളൂ അവൻ ഒരു അടി മുന്നോട്ട് വയ്ക്കാൻ പറ്റില്ല മറ്റവന് ഉറപ്പുണ്ടെങ്കിൽ അവൻ ചിലപ്പോൾ ഒരു കിലോമീറ്ററോ രണ്ട് കിലോമീറ്ററോ മൂന്ന് കിലോമീറ്ററോ ആ പ്രതിസന്ധിയിലും മുന്നോട്ട് പോയെന്നിരിക്കും അവിടെ അവന്റെ മനസ്സിലെന്താണോ പ്രവർത്തിക്കുന്നത് എന്ത് വിചാരമാണോ പ്രവർത്തിക്കുന്നത് ആ ദാഹിച്ചു വലഞ്ഞവന്റെ മനസ്സിലായതിനെ യുക്തി എന്നെവന്റെ മനസ്സ് പ്രവർത്തിക്കുന്നുണ്ടല്ലോ ഒരു മൂന്ന് കിലോമീറ്റർ കഴിഞ്ഞാൽ ഞാൻ വെള്ളം കുടിക്കും അതുവരെ പോകാനുള്ള ഒരു ബലമനവൻ ആർജിക്കുന്നു അങ്ങേറ്റം തളർന്നവനം അതാണ് ഞാനെ യുക്തി പക്ഷെ ഒരു ഐഡിയ ഇല്ലെങ്കിലും അവന് പിന്നെ പ്രതീക്ഷിക്കാവൊന്നുമില്ല അവൻ അടുത്ത ഒരു അടിയ്ക്കുമ്പോൾ അവൻ മറിഞ്ഞു വീണ് മരിക്കുക മരുഭൂമി ഇതാണ് രണ്ട് നമ്മളുടെ വ്യത്യാസം സരിക്കുക എന്ന് പറയുന്ന അതും അസഹ്യം എന്ന് പറയുന്നത് നമ്മളുടെ വ്യത്യാസം